sc四 코 sem band fleet, there are different Harriet Gotti, and the Debatte, it's going to be your love. බ� බ� බබ බ බ බ �බ� zone � �බ ������������ Italia ����������������������������������� Z� � ഗീതയിലും ഗീതയിലും എന്ന് പറയാൻ കാരണം വേദന പറഞ്ഞിരിക്കുന്നത് അതാണ് മുമ്പ് പറഞ്ഞു പതിനർവേദം രോഗത്തിൽ കൊല്ലാൻ പോകുന്ന മൃഗങ്ങളോട് വൈദികൾ ഇന്ത്യ ഇത് മരണം മരണമല്ല വേദന വേദന കാരണം നല്ല മാർഗത്തിലൂടെ സ്വീകരിച്ച് സ്വർഗത്തിലെത്തിച്ച് കൊണ്ട് ആ സാധു മൃഗത്തിനോട് പറയാൻ പ്രയാസപ്പെടുക നമുക്ക് സ്വർഗമാണ് നമ്മുടെ ഭീതിയിലും പറയും യുദ്ധയും വൃത്താവുന്നവർ യുദ്ധത്തിനും മരിക്കുന്നവർക്ക് കല്യാണതര ദേഹപ്രാപ്തി അവരുടെ മംഗളകരമായ ദേഹപ്രാപ്തി എന്നി പറയും സ്വർഗം ഇദ്ദേഹത്തിൽ നിൽച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം ഗീതയിലും പറയുന്നു യഥാവിഭായ നവാനികൾ നാനി എങ്ങനെയാണ് ദീർഘിച്ച വസ്ത്രങ്ങൾ മനുഷ്യരി മാറ്റി പുതിയതും ഭരിക്കുന്നത് അതുപോലെ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പുതിയ ശരീരം കിട്ടും പുനർജന്മം ഉണ്ടാവും അത് യുദ്ധത്തിലാണ് മരിക്കുകയാണെങ്കിൽ സുഖിയാറില്ല അതുകൊണ്ട് യുദ്ധത്തിലെ മരണം അത് ഒരു ദോഷം ഉള്ള കാര്യമല്ല നല്ല ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് അത് പ്രയാസപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് വ്യക്തമാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ചികിത്സക ശല്യാതികർമ്മ ചികിത്സകന്മാർ പഴയ ശുശ്രുതന്റെയും മറ്റും ചികിത്സയെ കുറിച്ച് പറയും അവരുടെ ശല്യാതി ശസ്ത്രയ ഓപ്പറേഷൻ പഴയകാലത്ത് ശുശ്രദനം മറ്റും ചെറിയ രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്തു ഹാർട്ട് ഓപ്പറേഷൻ ഒന്നുമല്ല പ്രത്യേകിച്ച് അതിന് പേര് എന്താണ് ശല്യം ശല്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായ അർത്ഥം അസ്ത്ര പഴയകാലത്ത് യുദ്ധത്തിലും മറ്റു ശരീരത്തിലും അസ്ത്രങ്ങൾ തിറക്കി തിറച്ചു കഴിഞ്ഞാൽ അതിനെ പുറത്തെടുത്തിട്ട് ആളിനെ രക്ഷപ്പെടുത്തി അതിനുവേണ്ടി ചെയ്യുന്ന സർജറിയാണ് ശല്യകർമ്മം എന്ന് പറയുന്നത് പിന്നീട് അത് മറ്റർത്ഥങ്ങളിലൊക്കെ വന്നു അപ്പോ ഇത് പഴയകാലത്ത് ചേരുന്നുണ്ട് ഒരാളുടെ അദ്ദേഹത്തെ അസ്ത്രം തറച്ചു കഴിഞ്ഞാൽ അതെടുത്തു മാറ്റിയിട്ടയാളും മരിച്ചു എടുത്തു മാറ്റിയിട്ടയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക അതാണ് സർജറി ചെയ്തിരുന്നത് ആ ഫുരസീവൻ വേദനിക്കുന്നത് രോഗം വന്ന് അപകടം പറ്റിയ ആതിരന്മാരാണ് അവർക്ക് എങ്ങനെയാണോ ഈ ഓപ്പറേഷൻ നടത്തുന്നത് ഓപ്പറേഷൻ നടത്തുന്നവരാണോ കൊല്ലുന്നത് അപരീക്ഷ കൊല്ല പേര് ഓപ്പറേഷൻ ഓപ്പറേഷൻ നടത്തുന്ന ഒരാളോ കൊല്ലാ യാഗത്തിൽ മൃഗങ്ങളൊക്കെ കൊല്ലുകയാണ് അല്ലെങ്കിൽ രണ്ട് തമ്മിൽ എന്താ സാമ്യത അവിടെ ഓപ്പറേഷൻ നടത്തി സുഖപ്പെടുത്തുകയും ചെയ്യുന്നില്ല ഒന്നുകളാണ് ഇദ്ദേഹം പറയുന്നത് അഗ്നിശോമ്യാദിഷ്ലം അഗ്നിശോമ്യാനികളിൽ ചെയ്യുന്നതിലും ഓപ്പറേഷൻ നടത്തുന്നതുപോലെ തന്നെ ഓപ്പറേഷനിലായി രക്ഷപ്പെടുത്തി കൊണ്ട മരിക്കാതെ ജ്യോതിഷ്കോമത്തിനും മറ്റും അവരെ കൊന്നിട്ട് രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ അതുകുമ്പോൾ ശ്രദ്ധിക്കുക ചത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ജന്മം കിട്ടും സ്വർഗത്തിലെത്തിച്ച് അപ്പോൾ അത് രക്ഷപ്പെടുത്തലാണല്ലോ ഇവിടെ ഈ ആടും മറ്റുമുക പുല്ലും കച്ചി കെട്ടുന്നു കഴിയുന്ന ഈ ആളുകളെ വ്യാഗത്തിൽ കൊന്നുകഴിഞ്ഞാൽ മരിച്ചിട്ട് അവരെല്ലാ സ്വർഗത്ത് പോയി അവിടുത്തെ മിമിസരിയിൽ സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കും അപ്പം അതൊരു രക്ഷപ്പെടുത്തലാണ് അപ്പം വനം അതുകൊണ്ട് അഗ്നേഷ് സത്യവനം അഗ്നേഷ് വൻ തുടങ്ങിയ ഹിഹിംസ സത്യവനം ഈ കൊല്ലം എന്ന് പറയുന്നത് അവരൊരു കൊരയായിട്ട് അവർക്ക് നല്ലൊരു ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടിവിടെ യുദ്ധത്തിൽ ആൾക്കാരൊക്കെ കൊല്ലുന്നത് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് നല്ലൊരു ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം സ്വർഗത്തിൽ പോയി സുഖമായിട്ട് എന്നാണ് യുദ്ധത്തെ കുറിച്ചുള്ള പഠിച്ചു പോകുന്നത് അപ്പൊ ഇവിടെ ഈ സപ്ഞലം എന്ന് പറയുന്ന ഈ വാക്ക വേദം എത്രയും ഉരാതനമായ അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വ്യാഖ്യാനത്തിലൂടെയാണ് മീമാംസാ പരമ്പരയിലൂടെയാണ് മനസ്സിലാക്കുക മീമാംസ എന്നാൽ ഇതിനെയെല്ലാം കൊല്ലുക എന്നർത്ഥത്തെ തന്നെയാണ് വ്യാഖ്യാനിച്ചത് യാഗങ്ങളിൽ കൊല്ലുകയാണ് കൊല്ലുക പ്രവൃത്തി തന്നെയാണ് ചെയ്ത് രാമായണത്തിലും മഹാഭാരതത്തിലും എല്ലാ യാഗങ്ങളിലും മൃഗങ്ങളെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ കേരളം എന്ന് പറയുന്നത് രണ്ടായിരം വർഷത്തിന് മേൽ പഴപ്പോ ശാസ്ത്ര സംഗീതം വിജ്ഞാനപക്ഷവും യാഗത്തിലെ ഹിംസക്കെതിരായിട്ടാണ് വ്യാഖ്യാനം ഇവരെല്ലാവരും സംഖ്യന്മാര് മാത്രം സംഘന്മാർ പ്രധാനമായിട്ടും അവർ യാഗഹിംസക്കെതിരായിട്ട് ഒരുപാട് സംഘ്യവ്യാഖ്യാനങ്ങളും പറയും എല്ലാവരും യോഗികളും ഇതൊക്കെ പ്രാചീന ശാസ്ത്രങ്ങളാണ് എല്ലാ ശാസ്ത്രങ്ങളിലും യാഗഹിംസക്കെതിരായിട്ട് ചിന്തിക്കുന്ന കുറെ പേരുള്ളൂ എന്നാൽ ഇടം പറയൂ യജ്ഞ വധോ അവധം യജ്ഞത്തില് ഹിംസ ഹിംസയല്ല എന്ന് മനസ്മൃതിയിലും പറ്റുമ്പോൾ അതിനുള്ള യുക്തികളും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യണം കൊല്ലുന്നുണ്ടെങ്കിലും അത് കൊലയല്ല അതിന് അപ്പോ യജ്ഞത്തിൽ വധമുണ്ട് ഹിംസയുണ്ടെന്നവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മനസ്സൃതി ഉൾപ്പെടെ എല്ലാവരും ഇതുവരെ ഉള്ള എല്ലാ ശാസ്ത്രങ്ങളും ചന്ദ്രാജാൻ രാമായ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ചിലര് അതിനെ അനുകൂലിക്കുന്നു ചിലര് അതിനെ എതിർക്കുന്നു ഇത്രയും വ്യത്യാസം പഴയ ശാസ്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യജ്ഞത്തിൽ ഹിംസയില്ല വേദത്തിൽ ഹിംസ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ കണ്ടെത്താൻ പ്രയാസമാണ് അഹിംസക്കെതിരായിട്ട് ആദ്യം ഹിംസയ്ക്കെതിരായിട്ട് ആദ്യം ശബ്ദമുയർത്തി ദൈന പരമ്പരയും ബുദ്ധപരമ്പരയും അവരും എല്ലാം വേദത്തെ എതിർക്കുന്നത് അതിനെ പ്രമാണമായി സ്വീകരിക്കാത്ത പ്രധാന കാരണം അതിന് ഹിംസ പറയും കൊല്ലാൻ പറയുന്നു എന്നുള്ളതാണ് അവരല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് വേദത്തിൽ കൊല്ലാൻ പറയും പ്രാചീനമായ എല്ലാ ശാസ്ത്രങ്ങളിലൂടെ ബൈബിളിൽ തന്നെ പഴയ നിയമം അവർ മുഴുവൻ ഇതുപോലെയുള്ള ബലികളും ഒക്കെ പുതിയ നിയമം വന്നപ്പോൾ അതിന് മാറ്റം വന്നു അപ്പൊ പ്രാചീന ഗ്രന്ഥങ്ങൾ എല്ലാത്തിനും ദേവപ്രീതിക്ക് വേണ്ടി കൊല്ലുക എന്ന് പറയുന്ന ഒരു പരിപാടി ൂടെ ആചാര്യൻ കൊല്ലുക എന്ന് പറയുന്ന അർത്ഥം എടുത്തിട്ടാണ് അതിനെ ന്യായീകരിക്കുന്നത് ആ കൊലയും ദോഷമില്ല ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ അവർക്ക് നല്ല ജന്മമുണ്ട് എന്നാലും ഈ അടുത്ത കാലത്ത് ജീവിച്ചു തന്ന ദയാന സരസ്വപ്ഞനം എന്ന് പറയുന്നതിന് അർത്ഥം പറയുന്ന തൊടുക എന്ന യാഗത്തിൽ ഈ ആടിനെയും കൊണ്ടുപോയിട്ട് അത് സ്പർശിച്ചാൽ മതി മന്ത്രം പറഞ്ഞു കൊല്ലുന്നില്ലെന്നാണ് അങ്ങനെ ഒരു അർത്ഥമില്ലെന്നാ മതി അങ്ങനെ അങ്ങനെയൊരു വ്യാഖ്യാനമാണ് അപ്പൊ അതുവരെയുള്ള എല്ലാ വ്യാഖ്യാനങ്ങളെയും അതുവരെ നടന്നിരുന്ന എല്ലാ ആചാരങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് ദയാനന്ദ സരസ്വതി ഇങ്ങനെ ഒരു അർത്ഥം പറഞ്ഞു ഇപ്പോ സ്വപ്നബലം സമ്പൂർവത്തിലുള്ള ജ്ഞാതാതുമാണ് അതിനെ സ്പർശിക്കുന്നു എന്നൊരർത്ഥമുണ്ട് അങ്ങനെ ഒരർത്ഥത്തിൽ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നിക്ഷേപിക്കാൻ പറ്റും എവിടെയെങ്കിലും കാണും അപ്പതുകൊണ്ട് സർവത്ര എവിടെയൊക്കെ അഹിംസയെക്കുറിച്ച് പറയുന്നുണ്ടോ മാനസികളുള്ള ഉൾപ്പെടെയുള്ള എല്ലായിടത്തും അവിടെയൊന്നും കൊല്ലുക അല്ല സ്പർശിക്കരുതെന്നാവുന്നു എന്നുപറഞ്ഞ് അദ്ദേഹത്തിന്റെ ആശയത്തിലാണ് വേദങ്ങളിലേക്ക് മടങ്ങുക അതാണ് ഭാരതീയരെല്ലാം വേദങ്ങളിലേക്ക് മടങ്ങുക പറയുന്ന ആധുനിക കാലത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അപ്പൊ വേദങ്ങളിൽ ഹിംസയുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ തള്ളിക്കളയു അങ്ങനെ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറയുന്ന ആശയത്തിൽ തള്ളിക്കളയു കാരണം ആധുനിക മനുഷ്യരത് സ്വീകരിക്കത്തില്ല അതുകൊണ്ട് അത് മാത്രമല്ല മറ്റുള്ള മതക്കാരും വിമർശിക്കും അതുകൊണ്ടുതന്നെ ഇതു വേദങ്ങളെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി വേദത്തിൽ ഹിംസയില്ല എന്നൊരാശയത്തെ പ്രചരിപ്പിച്ചു അങ്ങനെ അവര് വാശി പിടിച്ച് പ്രചരിപ്പിച്ചു അതുകൊണ്ട് അവര് ഹരിസമാനികൾ യജ്ഞമൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ അവിടെ കൊല്ലത്തിൽ കൊല്ലേണ്ട ആവശ്യമില്ലെന്നാണ് ഇതിന്റെ പേരില് ോർത്ത് ഇന്ത്യയിൽ ആര്യസമാജു ഭാഗത്തും മറ്റുള്ള പാരമ്പര്യ പൗരോഹിത്യത്തെ സ്വീകരിക്കുന്നവരെ സനാതരികളെന്നാണ് പറയുന്നത് ഈ സനാതിരികൾ ഒരു ഭാഗത്തുമായിട്ട് വലിയ ശാസ്ത്രാർത്ഥങ്ങളും വാദങ്ങളും മടിമുടി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം നടന്നു തീരുമാനമൊന്നും ഉണ്ടായില്ല രണ്ടുപേരും അവരവരുടെ പക്ഷങ്ങൾ പറയും അത്രയും അതുകൊണ്ട് ആധുനിക കാലത്ത് വന്നിട്ട് പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പഴയ വ്യാഖ്യാനങ്ങളെ മായ്ച്ചു കളയാൻ പറ്റത്തില്ല ഇല്ലെന്ന് പറയാൻ അത്രയും കാലം ഈ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന രാമാനുജാചാര്യം ജീവിച്ചിരുന്നത് ആയിരത്തി ഒരുന്നൂറുകളിലാണ് തെർക്കോളുടെ സംഗതി ജയദീഷ് എണ്ണൂറ് വർഷം കഴിഞ്ഞു എണ്ണൂറ് വർഷം മുമ്പ് ഇവിടെ ഇതൊക്കെ അംഗീകരിച്ചിരുന്ന കാര്യം അപ്പൊ അവർക്ക് വ്യാകരണം അറിയാത്തതുകൊണ്ടാണ് സത്യബലത്തിന് തൊട്ടാൻ മതി എന്നൊരു അർത്ഥം എടുക്കാം എന്നറിയാൻ വയ്യാത്തോണ്ടാണ് അവര് ഇതൊക്കെ നടന്നിരുന്നത് ഹിംസ അപ്പോ ആ വേദത്തെ ഉപയോഗിച്ച് യുദ്ധത്തിലെ ഹിംസയും ഇവിടെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ വായിക്കുമ്പോ ഭഗവത്ഗീതയില് യുദ്ധമില്ല അതൊക്കെ മനസ്സിലെ സംഘർഷം മാത്രമാണെന്ന് പറയുന്നവര് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കും മനസ്സിലെ സംഘർഷത്തെ കുറിച്ചാണോ പറയുന്നത് അതോ മനുഷ്യരെ കൊല്ലുന്നതിനെ കുറിച്ചും പ്രാണികളെ ഇതിന്റെ നേരർത്ഥം വെച്ചുകൊണ്ട് ചിന്തിക്കുന്നു പിന്നെ ഈ പറയുന്ന സത്യപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ സ്പർശിക്കുക എന്നർത്ഥം പറയാം വ്യാപ്യം ചെയ്തത് പക്ഷെ അന്നുവരെയുള്ള വ്യാഖ്യാനങ്ങളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അതുപോലെ ആധുനിക വ്യാഖ്യാനങ്ങള് ഇതൊക്കെ മനസ്സിന്റെ സംഘർഷങ്ങളെന്ന് പറയുമ്പോൾ ഈ വരികളെയും ഇതിന്റെ അർത്ഥത്തെയും ഇതിന്റെ വ്യാഖ്യാനങ്ങളെയൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റി ഗാന്ധിജി വ്യാഖ്യാനിച്ചങ്ങനെയാണെന്നാണ് ഇതൊക്കെ മനസ്സിന്റെ സംഘർഷം എന്നാൽ ഈ വരികളുടെയൊക്കെ ഗാന്ധിജി എന്താ അർത്ഥമൊഴുകിയിരിക്കുന്നത് ഇതൊക്കെ മനസ്സിന്റെ സംഘർഷമാണ് അല്ല ഈ വരികളൊക്കെ വെക്കാൻ ഇപ്പോൾ യുദ്ധം എന്ന് തന്നെ പറയുന്നത് ഈ വരികൾ വരുമ്പോ യുദ്ധമെന്ന് പറയുക ബാക്കിയുള്ള സന്ദർഭങ്ങൾ വരുമ്പോ മനസ്സിന്റെ സംഘർഷമെന്ന് പറയുന്നത് ഇതെങ്ങനെ ശരിയാകും ഇരട്ടത്താപ്പല്ല അപ്പോ ഗാന്ധിജിയെ സ്വാധീനിച്ചെന്താണ് ബൈബിളാണ് ബൈബിള് പറയുന്നതിന്റെ വളരെ ചവിട്ടിൽ അടിക്കുന്നവണ് ഇരട്ടെ ഇടത്തെ ചവിട്ട് കാണിക്കുന്നത് അങ്ങനെ യുദ്ധത്തിനെതിരായി ഹിംസക്കെതിരായി ഒക്കെ ഒരുപാട് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴാണ് ഗാന്ധിജിക്ക് തോന്നിയത് നമുക്കും അതുപോലെ ഒരു ഗ്രന്ഥം വേണം പക്ഷെ അതിനുവേണ്ടി ഗാന്ധിജി തെരഞ്ഞെടുത്തത് വിശദമായി ബുദ്ധന്റെ ഉപദേശങ്ങളും ധർമ്മപഥം പോലെയുള്ള ഗ്രന്ഥങ്ങളാണ് എടുത്തിരുന്നെങ്കിൽ ഈ ഗാന്ധിജി പറയുന്ന ആശയങ്ങളൊക്കെ വ്യാഖ്യാനിക്കുവാനും ഒരു പ്രയാസവും തന്നെ പക്ഷേ ഗാന്ധിജി സ്വയം തന്നെ വിശേഷിപ്പിച്ച ഞാനൊരു സനാതനിയാണ് ചാദർവർണ്ണയത്തിൽ വിശ്വസിക്കുന്നതാണ് ഇതിനെയൊക്കെ കുറഞ്ഞതുകൊണ്ട് ബുദ്ധനെ സ്വീകരിക്കാനും പറ്റത്തില്ല അഹിംസയെ സ്വീകരിക്കാനും പറ്റത്തില്ല അപ്പൊ ഗീതയെ തന്നെ എടുക്കും എന്നിട്ട് അതൊരു വ്യാഖ്യാന പ്രസർത്താണ് പിന്നെ കുറെ പേര് അത് കണ്ടിട്ട് ഇതൊക്കെ മനസ്സിൻ്റെ സംഘർഷമാണെന്ന് പറയാനുള്ളത് ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ രീതിയുണ്ട് അങ്ങനെ വ്യഖ്യാനിക്കാൻ വയ്യാതെയെന്നൊക്കെ പക്ഷെ ഈ പറയുന്ന ഭാഗമാണെന്നും അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി എല്ലാം അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഇവിടെ ഇദ്ദേഹം വ്യാഖ്യാനിച്ചതിനനുസരിച്ചാണ് നടത്തപ്പെട്ടത് എതിർച്ചയാലും ഉപപന്നം സബ്ദാനം അഭാവതം സുദിനം ക്ഷത്രിയ പാർത്ഥ ലബന്ദേ യുദ്ധം വീണ്ടും യുദ്ധത്തെ സ്തുതിക്കുകയും ചെയ്തു എതിർച്ഛയാക്കിയ അതിനായിട്ട് വ്യാപാരിച്ചത് അയത്ന ഉപന്നതം വലിയ പരിശ്രമമൊന്നും കൂടാതെ എന്നതാ സ്വർഗം നിന്റെ ഒപ്പിൽ വന്നിരിക്കുകയാണ് അതാണ് അയത്നോപന്നതം യുദ്ധം നിരദേശ സുഖ ഉപായഭൂതം നിർവിജ്ഞനം ഈ ദൃശ്യം യുദ്ധം സ്വർഗം എന്ന് പറഞ്ഞാലാണ് നിരദേശം അദ്വൈതികളും പറയുന്ന നിരദേശ സുഖമല്ല ഇത് വ്യാഖ്യാനികൊടുത്തിട്ടുണ്ട് സ്വർഗശബ്തോനിസ്മിൻ നോഷണീസം എവിടെയാണോ ചൂടും തണുപ്പുമില്ലാത്ത ചൂടും തണുപ്പും എന്താ അവസ്ഥ സ്വർഗം എന്ന് പറയുന്നത് എ സി ചെയ്ത സ്ഥലമാണെന്ന് ചൂടുക തണുപ്പ് പിന്നെന്താണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു അവർക്ക് പറയുന്നത് എന്നാൽ ദുഃഖേന ദുഃഖത്തിൽ നിന്ന് തികച്ചും ഭിന്നം ദുഃഖവുമായിട്ട് ഒരു തരത്തിലുള്ള താരതമ്യവും ഇല്ല അതാണ് സ്വർഗം നജഗ്രസ് ദുഃഖം ബാധിക്കുന്ന വിരസിക്കുക എന്ന് വെച്ചാൽ ബാധിക്കുക ദുഃഖം ബാധിക്കുന്ന ഒരു സ്ഥലവും അനന്തരം ഇടയ്ക്ക് കുറച്ച് സുഖം ഇടയ്ക്ക് കുറച്ച് ദുഃഖം ഇങ്ങനെയുള്ള അന്തരമില്ലാത്ത നിത്യസുഖം അതാണ് സുഖം അഭിലാഷനീലം പിന്നെ നമ്മൾ സ്വർഗത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ ിച്ചാ മാത്രം മതി സുഖത്തെ ഉടൻ സുഖമായിരിക്കും അവിടെ സുഖം മാത്രമേ ഉള്ളൂങ്കിൽ പിന്നെ എന്തിനാണ് സങ്കല്പിക്കുന്നതെന്ന് ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല അഭിലാഷം കൊണ്ട് സങ്കല്പം ആഗ്രഹം ആ സുഖം ഇന്ന് സങ്കല്പിച്ചാൽ മതി അവിടെ സുഖം ചില മുല്ലാക്കന്മാരൊക്കെ പ്രസംഗിക്കുക യൂട്യൂബിലൊക്കെ കാണാം സ്വർഗമെന്ന് പറഞ്ഞാൽ എന്തെന്നാ നമ്മൾ ധരിച്ചിരിക്കുന്നത് അവിടെ ചെന്നിരുന്നിട്ട് പൊരിച്ച കോഴിയിനെ വേണോ എന്നൊന്ന് സങ്കല്പിച്ചാൽ മതി നമ്മുടെ അതാണ് സ്വർപ്പം അതിൻ്റെ ഒരു കുറച്ചുകൂടെ പരിഷ്കരിച്ച പതിപ്പാണ് നമ്മുടെ സ്വർപ്പം അപ്പം പൊരിച്ച കോഴിയില്ലെന്നേ ഉള്ളു പക്ഷെ സുഖം വരും സുഖം പോരേ എങ്ങനെ പൊരിച്ച അഭിലാഷരീതം എത്തത് കേതാണ് സുഖം അതാണ് സ്വപദാസം സ്വർഗം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമായിരിക്കുന്ന സുഖം അതാണ് ഈ സുഖം ആണെങ്കിലും വലിയ പ്രലോഭനത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ഈ പ്രാണികളെ കൊല്ലുന്നതും യുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലുന്നതും യുദ്ധത്തിൽ അമ്പയിട്ട് മരിക്കുന്നതും എന്നാൽ ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് നിരദേശ സുഖവിശേഷ ഉൽപ്പന്നമാണ് അപ്പൊ ഈശ്വർ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ആണ് ഉത്പന്ന നിരദേശവിശേഷമാണ് അതിന്റെ വിൽപ്പത്തിയാണ് ഈ പറഞ്ഞത് അതിന്റെ വ്യാഖ്യാനം വിത്പത്തി എന്ന് വെച്ചാൽ അവിടെ ർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന എന്താണ് ഒരു സ്ഥലം മരിച്ചത് ഏഴ് പോകുന്നു അത് ശരിയാണ് പറയുന്നു അവര് ദേശവിശേഷം ഉള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് എവിടെയോ വീണ്ടെവിടെയോ ഉള്ളത് ഏതോ ഗാലക്സി ആണ് ഈ സ്വർഗ് ഇരിക്കുന്നത് അതെന്താണ് കാശ സുഖഭോഗസ്ഥ അങ്ങനെയുള്ള സുഖത്തെ അനുഭവിക്കുന്നതിനുള്ള ഒരു സ്ഥാനമാണ് സ്വർഗം ഇതാണ് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ശരിയായ വ്യാഖ്യാനം ഇപ്പം അത് ഞാൻ മുമ്പ് പരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതെല്ലാവരും കോട്ടയുന്നതാണ് ഈ സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്വാധുജീവികളെയൊക്കെ പഴയ കാലത്ത് തോന്നിരുന്നത് എന്താണ് ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു സങ്കല്പം വരാൻ കാരണം എങ്ങനെ വന്നു ഇത് അങ്ങനെ ഒരു സ്വർഗമുണ്ടോ ഇനി അങ്ങനെ ഒരു സ്ഥാനമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ യാതൊരു സംശയം തിരിച്ചും അസംബന്ധമായ ഒരു കാര്യം അങ്ങനെ ഒരു സ്വർഗമില്ല അങ്ങനെ ഒരു നരകമില്ല എന്താത്ര ഉറപ്പ് എനിക്ക് നല്ല ഉറപ്പാണ് രണ്ട് സ്ഥാനമില്ല എന്തുകൊണ്ട് അത്ര ഉറപ്പിച്ചു പറയുന്നത് മലയാളം കുട്ടിക്കാലത്ത് എല്ലാരും വായിച്ചിരിക്കുന്നു കുട്ടു ഹൂസൻ ഡാഗിനി ഇതൊക്കെ വായിച്ചിരിക്കും അപ്പൊ കുട്ടു ഹൂസൻ ഉണ്ടോ ഡാഗിനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും ഇല്ലെന്ന് തന്നെ പറയും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കുട്ടുസനോ ഡാഗിനി ഒന്നും ഇല്ലെന്ന് പറയുന്നു കാരണം അത് കഥയിലെ കഥാപാത്രങ്ങൾ കുട്ടികളെ രസിപ്പിക്കാൻ പറ്റും ഭാവനാശാലികളായ ആൾക്കാർ ഉണ്ടാക്കിയ ഒരു കഥ ആ കഥയുടെ കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ കൂട്ടൂസ്സിന് ഉണ്ടാകരുത് ഉള്ളത് ഒരു കഥാകാരന്റെ ഭാവനയുണ്ട് ഈ സ്വർഗവും നരങ്ങളും എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഭാവനാശാലികളായ പുരോഹിതന്മാരുടെ ഭാവനയാണ് പുരോഹിതന്മാരുടെ കഥ സൃഷ്ടിയിൽപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അതില്ലെന്ന് പറയുന്നത് കഥയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമുണ്ട് അതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളുണ്ട് കഥകളിൽ പറയുന്നത് സത്യമായിരിക്കും ഭാവനയാണ് കാരണം ഇതൊന്നും സതുദ്ദേശത്തിൽ എഴുതിയല്ല വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ പറ്റിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ് ചൂഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ് ആ കഥയിലെ കഥാപാത്രങ്ങളോ ആ കഥയിലെ എല്ലാം എന്താണ് ഈ നേരത്തെ പറഞ്ഞപോലെ അഭിലാഷ വിപരീതമാണ് വെറും അതുകൊണ്ട് കഥാപാത്രങ്ങളും കഥയില വിഷയങ്ങളായതുകൊണ്ടാണ് ഇതില്ല എന്ന് തീർത്തും അങ്ങനെയൊന്നും ഉണ്ടാകുന്ന ഒരു സാധ്യത അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി സ്വർഗം എന്റെ കാര്യത്തിൽ നിന്ന് ഇപ്പം സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നിങ്ങൾ യാഗം ചെയ്യണം സ്വർഗം ഉണ്ടെങ്കിൽ പോകാമല്ലോ ഇനി സ്വർഗമില്ലെന്ന് നിങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ പോകാൻ പറ്റത്തില്ല സ്വർഗമുണ്ടെന്ന് സംശയിക്കിട്ട് ചെയ്താലും സ്വർഗം ഉണ്ടെങ്കിൽ അവിടെ പോവാം അപ്പൊ ഇങ്ങനെ മനുഷ്യന് എല്ലാ തരത്തിലും അതിനെ സംശയിക്കുന്നവനെ പോലും ബ്രെയിൻ വാഷ് ചെയ്യുന്ന കുതന്ത്രങ്ങൾ ബുദ്ധി ഉപയോഗിച്ച ഓരോഹിത്യ ബുദ്ധിയുടെ സൃഷ്ടിയാണ് ഈ സ്വർഗവും നിലമു എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ അങ്ങനെ അല്ല നന്നാക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ അങ്ങനെ നന്നാക്കാൻ ശ്രമിച്ചിരുന്നു അത് ശരിയാണ് പക്ഷെ അതുകൊണ്ടെന്ന് മനുഷ്യൻ കാര്യമായ മാറ്റൊന്നും ഉണ്ടായില്ല കാരണം സ്വർഗനരകങ്ങളെ പേടിപ്പിച്ചിട്ട് മനുഷ്യനെ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാരണം മനുഷ്യനൊരിക്കലും ബോധ്യപ്പെടാത്ത കാര്യമാണല്ലോ വെറും അന്ധമായി വിശ്വസിക്കുന്ന കാര്യം ബോധ്യപ്പെടാത്ത കാര്യം കേവലം വിശ്വാസത്തിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആ വിശ്വാസത്തിന്റെ ക്ഷീണം സംഭവിച്ചു ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേടിയങ്ങ് മാറും അപ്പോ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാല് അല്ല ലോകം മുഴുവനുള്ള വിശ്വാസികൾ ഏത് മതത്തിലായി നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചവരാരും നരകഭയം കൊണ്ട് തിന്മകൾ ചെയ്യാതിരുന്നിട്ടില്ല വിശ്വാസികളെല്ലാം ലോകത്ത് എല്ലാ ഭാഗത്തും എന്നും അങ്ങേറ്റത്തെ തിന്മകൾ ചെയ്തിരുന്നു തിന്മ ചെയ്താണ് അവര് മാറിയത് എന്തുകൊണ്ട് ഇങ്ങനെ നരകഭയം എന്ന് പറയുന്നത് ആ ഭയം ഏത് സമയം മനുഷ്യരിൽ നിന്നും മാറിക്കൊള്ളാം ഈ സർഗത്തിന്റെ പ്രലോഭനവും നരകത്തിന്റെ ഭയമൊക്കെ ഉണ്ടായിട്ട് മനുഷ്യർ ഇത്രയും കാലം എന്തുകൊണ്ട് ഇത്രയധികം തിന്മകൾ ചെയ്തു ഇത്രയധികം ഹിംസാത്മകമായ പ്രവൃത്തികൾ ചെയ്യും ഇത്രയധികം ഈ ഭൂമിയിൽ നാശങ്ങളുണ്ടായി അതൊന്നും മനുഷ്യനെ സഹായിച്ചിട്ടില്ല കാര്യമായ ഒരു സഹായം ചെയ്തിട്ടുണ്ട് ഈ കുട്ടിക്കാലത്ത് ചെറിയ ബോധമില്ലാതെ സമയത്ത് ഏതെങ്കിലും പ്രാണികളൊക്കെ എഴിഞ്ഞു പോകുന്നതാണോ കുട്ടികൾക്ക് ചിലപ്പോൾ അതിനെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്നു അപ്പം മുതിർന്നവർ പറയുന്നത് ചെയ്യുന്നു പാവമിട്ട് ചെറിയ കുട്ടിയോടുമ്പോൾ തീരെ ബോധമില്ലാത്തവനോട് അത് പറയുമ്പോൾ അവന് പാവം അവനെ ഭയപ്പെടുത്തുമ്പോൾ ഭയം കൊണ്ടവൻ ചിലപ്പോൾ പിന്മാറും ആ പ്രായത്തിൽ പക്ഷെ അവന് കുറച്ചുകൂടി ബോധമുണ്ടായി വരുമ്പോൾ അവൻ തിന്മയിൽ നിന്ന് ഭയം കൊണ്ട് പിന്മാറത്തില്ല അവൻ പിന്നെ ചിന്തിക്കുന്ന ഇതാണ് ആ തിന്മ കൊണ്ട് എനിക്ക് എന്ത് ലാഭം തിന്മയായാലും ശരി എന്തെങ്കിലും ലാഭം എനിക്കുണ്ടെങ്കിൽ അവനത് ചെയ്യും ഭയപ്പെടുത്തി അവനെ പിന്മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് മനുഷ്യനിങ്ങനെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയുള്ള പാപത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്താലും വളർന്നു വരുമ്പോൾ അവൻ തിന്മയിലേക്ക് പോകും അടുത്ത കാലത്ത് കേരളത്തിലൊരു ചർച്ചയുണ്ട് അത് ഹിന്ദുക്കളുടെ ഇടയിലും മതവിദ്യാഭ്യാസം കുറവാണ് കൂട്ടിക്കാർ ബാല്യം മുതലേ മതം അടിച്ചേൽപ്പിക്കുന്നത് മതവിദ്യാഭ്യാസം ശക്തമായി മതവിദ്യാസം കൊടുക്കുന്നത് ഒരു മതമാണ് അതൊരു നിർബന്ധമുണ്ട് ആ മതത്തിൽപ്പെട്ട ഒരാൾ ഈ ഒരു വാർത്ത പറഞ്ഞ ഒരു വിവാദമായിരുന്നു പറഞ്ഞത് കുട്ടിക്കാർക്ക് മതവിദ് വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റികളിലും മറ്റും ഏർപ്പെടുന്ന ഈ മതത്തിൽപ്പെട്ടവരാണ് ആ മതത്തിൽപ്പെട്ട ഒരാളി എന്നാൽ പുതിയ കോലാഹലുണ്ട് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരെന്തുകൊണ്ട് മതവിദ്യ പ്രത്യേകം പറഞ്ഞു ഹിന്ദുക്കൾക്ക് മതവിദ്യാഭ്യാസമില്ല എന്നിട്ടും അവിടെ വളർന്നു വരുന്ന തലമുറയിൽ ഇത്രയും അക്രമവാസനമാണ് പക്ഷെ നമ്മള് കുട്ടിക്കാരൻ പോലെ മതവിദ്യാഭ്യാസം പക്ഷെ വളർന്നു വരുന്നവർ കൂടുതൽ അക്രമവാസനുള്ളവർക്കായിരുന്നു പത്രങ്ങൾ വായിക്കുന്നവർക്കല്ലേ എന്തുകൊണ്ട് സംഭവം ഉത്തരവില്ല ഉത്തരം ഇതാണ് എന്താണ് മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രധാനമായും ചെയ്യുന്നത് നരകത്തെ ഭയപ്പെടുത്തുകയും സ്വർഗത്തെ പ്രലോഭിപ്പിക്കുകയാണെങ്കിൽ ഇതാണ് തയ്യാറൊരു മതവിദ്യാഭ്യാസത്തിൽ കൊടുക്കുമ്പോൾ ഇവൻ വളർന്നു വരുമ്പോ ഇവന് ഈ നരകഭയം കാരണം അവന് ആധുനിക ലോകത്തെ നരകഭയം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണെന്ന് അവന് മനസ്സിലാവും അപ്പം നരകത്തെ ഭയം അവന് തിന്മ ചെയ്യാതിരിക്കില്ല അതാണ് മതവിദ്യാഭ്യാസത്തിൽ തവരാ കാലത്ത് അത് കുറെയൊക്കെ വിജയിച്ചിരുന്നു ഏത് മനുഷ്യന്റെ ഒരു പ്രാചീനമായ കാലഘട്ടത്തിൽ കുറേയൊക്കെ മനുഷ്യരെ നിയന്ത്രി നന്നാക്കുന്നതിനുള്ള ഈ പുരോഹിതന്മാർക്ക് ഈ ഇവരെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും നന്നാക്കുന്ന നിയന്ത്രിക്കുന്ന രണ്ട് കാര്യമാണ് നിയന്ത്രിച്ചെന്ന് വിചാരിച്ചു നന്നാവണമെന്നില്ല പുരോഹിതന്മാർക്ക് ഈ അനുയായികളെ അവരെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിനും ഒരു കാലഘട്ടത്തിൽ സഹായിച്ചു അത്രേ ഉള്ളു പക്ഷെ ഇന്നത്തെ കാലമായപ്പോ എന്ത് ചെയ്തു ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് എന്താ ഞാൻ കഥ പറയുന്നതല്ല ഇന്നത്തെ കാലത്ത് വന്നെന്ത് ചെയ്തു അവർക്ക് ആ വിശ്വാസം പോയി കുട്ടിക്കാലത്തുകൊണ്ടായിരുന്നു വളർന്നു വന്ന് ചിന്തിക്കാറായപ്പോ എന്ത് ചെയ്തു അവർക്ക് മനസ്സിലായി ഇത് അസംബന്ധമാണോ അങ്ങനൊരു നരകമില്ല അപ്പം അതിനെ ഭയന്നിട്ട് തിന്മ ചെയ്യാതിരിക്കില്ല പിന്നെ എന്തുകൊണ്ട് തിന്മ ചെയ്യാതിരിക്കണം അതിനുള്ള പാഠം അവനില്ല അങ്ങനൊരു പാഠം കൊടുക്കുന്നില്ല അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറച്ചു മുമ്പ് വിദേശത്ത് താമസിക്കുന്ന രണ്ടുപേര് ഈ നേരത്തെ പരിമയമുള്ളവരാണ് എന്നെ കാണാൻ അപ്പൊ അവരുടെ കൂടെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അപ്പൊ അവരെ അടുത്ത് സംസാരിച്ചുണ്ടെ കുട്ടികളവിടേക്ക് ഇങ്ങനെ കളിച്ചായിരുന്നു പെട്ടെന്ന് ഒരു ചെറിയ പുഴു അവിടേക്ക് ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് അപ്പൊ ഈ കുട്ടികൾ എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞൊരു ന്യൂസ് പേപ്പർ വേണമെന്നു ഞാനവർക്ക് അവിടെ നിന്ന് ഒരു കൊടുത്തു ഇവരെന്ത ചെയ്തു ഈ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഈ വരുന്ന ഭാഗത്ത് പുഴു വന്ന് ഈ ന്യൂസ് കയറി എന്നിട്ട് ഇവർ രണ്ടിനോട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതിനെ ഞങ്ങൾക്ക് സേവ് ചെയ്യണം അപ്പോൾ ഇതിനെ സുരക്ഷിതമായൊരു സ്ഥലം കാണിച്ചായിരുന്നു ആരും ഉത്തരവിക്കാത്ത സ്ഥലം അവിടെ കൊണ്ട് വിടാനായിരുന്നു ഞാൻ ഇവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടികളുടെ പ്രവൃത്തി ശ്രദ്ധിച്ച് വളരെ അത്ഭുതത്തോടു കൂടി നോക്കി അപ്പൊ ഞാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് ഈ പുഴുവിനെ ആ ന്യൂസ് പേപ്പറോടുകൂടി എടുത്ത് ദൂരെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാനവരോടുള്ള സംഭാഷണം നിർത്തിയിട്ട് കുട്ടികളെ വന്ന് ഇന്റർവ്യൂ ചെയ്തു ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാ ഇതിനെ അടുത്ത് അവിടെ കൊണ്ടുവിട്ടത് എന്ന് ചോദിച്ചു വളരെ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു അത് ഒരു ജീവിയാണ് നമ്മളെപ്പോലെ തന്നെ അതിനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോ അതിവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാറെ അതിനെ ചവിട്ടിക്കെട്ടു അതുകൊണ്ട് അതിനെ നമ്മൾ രക്ഷപ്പെടുത്തി ചെറിയ കുട്ടികൾ ഇവിടത്തെ ഒരു പ്രായം വെച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ താഴെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് പറയുന്നത് ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു ചെറിയ വായന വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ നിങ്ങളോട് ചെയ്ത് എങ്ങനെ അറിയാം പറഞ്ഞു ഞങ്ങളുടെ സ്കൂളില് അവര് പഠിപ്പിക്കുന്ന സ്കൂളില് കുട്ടിക്കാലത്തെ ഞങ്ങളുടെ ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ ഞങ്ങളുടെ ഇതാണ് പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഒരാഴ്ചയിൽ അരമണിക്കൂർ അവരെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും വിദേശത്താണ് എന്തിന് പ്രകൃതിയെ പരിചയപ്പെടുത്തി അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് പ്രകൃതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊടുത്തവരെ പഠിപ്പിക്കും എന്താണ് സഹജീവികളെ സ്നേഹിക്കണം അങ്ങനെ ഉപദ്രവിക്കരുത് നമ്മുടെ സിലബസിൽ ഇങ്ങനെ ഒരു പഠനമുള്ളൂ എല്ലായിടത്തും കാണുമെന്നില്ല വിദേശത്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പ്രത്യേകത വിദേശത്തെ ഏതോ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോ അവരെ എങ്ങനെയാണ് ഇതിനെ നമ്മളെ പണ്ട് പഠിപ്പിച്ച പോലെ ചവിട്ടിക്കുന്ന നരകത്തിൽ പോവും പാപപ്പെട്ടവന്നല്ല പഠിപ്പിക്കുന്നത് അതൊരു സഹജീവിയാണോ അതിനെ സ്നേഹിക്കണോ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല അതിനെ രക്ഷിക്കണോന്ന് പറയും ആ പാഠമാണ് അവർക്കുള്ളത് അതാണ് ആധുനികമായ പാഠങ്ങളൊന്നും അതുകൊണ്ട് പാരമ്പര്യ മനുഷ്യനെ നന്നാക്കാൻ പറ്റും ഈ കുട്ടികൾ വളർന്നു വരുന്നതിനായി കുറച്ചുപേരാണെങ്കിലും ആ കുട്ടികളുടെ ചിന്താഗതി എന്തായി കാരണം അടിസ്ഥാനപരമായി തന്നെ പോലെ തന്നെ മറ്റൊരു ജീവിയും പ്രകൃതിയുടെ ഭാഗമാണെന്നും അതിനെ നശിപ്പിക്കരുതെന്നും എന്ന് പറയുന്ന ഒരു വലിയ ആരോഗ്യം ചെറിയ പ്രായത്തെക്കെയാണ് ഇനി വളരെ അതിശയാണ് ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു കുട്ടികൾ അങ്ങനെയാണ് കുട്ടികൾ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അവർക്കതില് വലിയ അഭിമാനം ഇതെല്ലായിടത്തും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരു സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കുന്നു അതിനാണ് ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലാതെ ഇതിന് ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ നരുകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കില്ല അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളർന്ന് വരുമ്പോൾ അവന് ചിന്ത പറയുന്നത് മറച്ചു ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കാരണം അവനെ പഠിപ്പിക്കുന്ന എന്താണ് പരിസ്ഥിതിയെ കുറിച്ച് പഠിപ്പിക്കാണ് അവന് ശരിയായ ബോധമാണ് കൊടുക്കുന്നത് വിശ്വാസമാണ് ലോകത്ത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു പാഠമാണ് ഇപ്പോൾ ആ ആ പാഠത്തിലൊരു ലോജിക്കുണ്ട് ചില ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളുണ്ട് വളർന്നു വരുമ്പോൾ ഇതിനെ തുറന്നു പഠിപ്പിക്കുന്നു അതാണോ കളർകിയെ സംരക്ഷിക്കണം അത് പാപഭയമുള്ള നരകഭയമുള്ള പാപഭയവും നരകഭയം ഉണ്ടാകിയത് ഒരു ഇതെന്ന് അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയാണോ അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് യാതൊരുക്കുന്നവർ അതുകൊണ്ടാരീ നമുക്ക് അതാണ് കേരളത്തിൽ ഈ വിഷയം ചർച്ച ചർച്ചയായി മാറി ഈ അടുത്ത കാലത്ത് അപ്പോൾ ഞാനിതെല്ലാം കൂടി ചിന്തിച്ചു എന്ത് കണ്ടാലും കേട്ടാലും ചിന്തിക്കുന്ന ഒരു ദുശീലം എന്താണ് നമ്മുടെ തകരാറെന്നും എന്താണ് നമ്മുടെ ഗുണമെന്ന് രണ്ടും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതൊക്കെ ആരോടൊക്കെ പറയണം എന്നുള്ളൊരു താല്പര്യം ഞാൻ ഇങ്ങോട്ട് വരുന്നത് അല്ല അതിക്കവിനെ ഇഷ്ടം കൊണ്ടൊന്നും ഉള്ളിലിരുന്നു കഴിഞ്ഞാല് തല ചൂടാവുന്നില്ല അല്ലാതെ ഇതൊക്കെ കാര്യമില്ല ഇത്തരം കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഈ അസംബന്ധങ്ങൾ പഠിപ്പിക്കുകയല്ല സ്വർഗം നരകം അവിടെ പോവും വെറും കഥയില് ഒരു കാലത്ത് മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിച്ച വിദ്യാഭാവനകളാണ് യഥാർത്ഥ ഭാവനകളാണ് പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു അതൊക്കെ പറഞ്ഞിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്നത് എന്തിന് മറ്റുള്ളവനെ കൊല്ലാനും പറ്റും ഒന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണ്ണം അവന് മനുഷ്യനെങ്ങനെ നന്നാവും വഴി എന്താണ് അതുകൊണ്ട് ഈ സ്വർഗം നിലവിലെന്ന് ഞാൻ തർപ്പിച്ചു പറയുന്നത് അത് കേവലം കഥകളിലെ സൃഷ്ടിയാണ് കഥകളുടെ സൃഷ്ടിയൊന്നും ഒരിക്കലും ശരിയാ അതൊക്കെ ഇതുപോലെ ആൾക്കാരെ ഭയപ്പെടുത്താൻ ചിലരുടെ സ്വാർത്ഥതയ്ക്കും വേണ്ടിയുണ്ടെങ്കിൽ അതച്ഛം ധർമ്മിം സംഗ്രാമോന്നകരിശരീ തഥസ്വധർമ്മതിഷത്രിയന്റെ സ്വധർമ്മമായിരിക്കുന്ന അതായത് നമുക്ക് ആയത്നോപനതമിതം ഒരു പ്രയത്നവും കൂടാതെ കിട്ടുന്നതായ നിരതിശയം സുഖമുണ്ടായ ഉപായഭൂതം സ്വർഗം നിരീശ്ശേരി അതിന് ഉപയോഗമായിരിക്കുന്ന നിർവിഗ്നം ഈ ദൃശ്യം യുദ്ധം നിർവഘിനമായ യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധത്തിന് ഇപ്പോൾ ഒരു തടസ്സം പിന്നെ പണിയെടുത്താൽ മാത്രം മതി സ്വധർമ്മ അനുഷ്ഠാനം കൊണ്ട് സ്വർഗം കിട്ടും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും പിന്നെ ജീവിച്ചിരിക്കുമ്പം ഈ ലോകത്തിലെ അസുഖങ്ങളും എല്ലാം കിട്ടും സുഖിനുഖികളെ പുണ്യമാ അത് മുമ്പോട്ട് എല്ലുമ്പോഴേ നീതി പറയും ഈ ലോകത്ത് മനുഷ്യരുടെ അതിന്റെ പുണ്യമുള്ള രണ്ടു കൂട്ടരാണ് അത് ബ്രാഹ്മണനും ക്ഷത്രിയനുമാണ് ബാക്കിയുള്ളവരെല്ലാം ബ്രാഹ്മണ ക്ഷത്രിയ പുരുഷന്മാർ ബാക്കിയുള്ള സ്ത്രീകളും വൈശ്യ ശൂദ്രന്മാരും പാപമുള്ളവരാണ് പാപം കൊണ്ട് ജനിച്ചവരാണ് അതെ പറയും അതുകൊണ്ടാണ് ഇവിടെ സുഖിനാഥെന്ന് പറയുന്നൊരു പുണ്യമന്ധ പുണ്യുള്ളവരായ ക്ഷത്രിയ ക്ഷത്രിയന്മാർ എന്താണ് യുദ്ധമിന്റെ പ്രേ എന്തെങ്കിലും യുദ്ധം ലഭിക്കുന്നത് നമ്മുടെ പുണ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പ്രചോദിപ്പിക്കുകയാണ് ഇവിടെ എല്ലാവരും ഏകദേശം ഇതുപോലെ തന്നെ തന്നിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കാണാൻ പോലെയാണ് അത ചേത്രി കീർത്തിയെന്ന് പറയും പഴയ അക്ഷത്രജാതിട സ്വധർമ്മമാണ് ഇമം സംഗ്രാമം അതെന്താണ് ആരബ് ആരബ്ധം ശബ്ദം അതാരംഭിച്ചു കഴിഞ്ഞു എല്ലാ കയറുകളും നടന്നു കഴിഞ്ഞു മോഹാന്കരി മോഹം കൊണ്ട് നീ എന്താണ് ചെയ്യാതെ എന്താണ് ഈ മോഹം എന്ന് പറയുന്നത് അർജുനൻ ഒന്നാം അധ്യയ പറഞ്ഞ യുദ്ധം ഇവിടെ പറയും ധർമ്മേ അധർമ്മത്വം ധർമ്മമാണ് യുദ്ധം ശരിയല്ല അതിലൊരുപാട് ദോഷങ്ങളുണ്ടാവും അപ്പോ അർജുനനോട് സംസാരിക്കുന്നത് സാമാന്യമായ മാനുഷികമായ യുക്തി മാനുഷിക യുക്തി അനുസരിച്ച് ജീവകാരുണ്യൊക്കെ മുൻനിരത്തി കോമൺ സെൻസിനെ മുന്നിരത്തിയാണ് അർജുനൻ പറയുന്നത് യുദ്ധം ശരിയല്ല ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാക്കും പക്ഷെ ഇവിടെ പറയുന്നത് പറയുന്നതൊന്നും ധർമ്മമല്ല ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രത്തിൽ പറയുന്നത് ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് യുദ്ധം ധർമ്മമാണ് എന്നിട്ട് അതിൽ നിന്ന് പുണ്യം ഉണ്ടാകും സർഗത്ത് പോകുക അതുകൊണ്ടത് ചെയ്യണം അപ്പോൾ ശരിയായ ശാസ്ത്രത്തിൽ പറയുന്ന ധർമ്മബോധം അറിഞ്ഞില്ലാത്തത് കൊണ്ട് ധർമ്മേ അധർമ്മത്വ ബ്രഹ്മാ ധർമ്മ്യമായിരിക്കുന്ന യുദ്ധത്തിൽ അർജുനന് അധർമ്മനവന്റെ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവന്റെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്ര വെറുതായാലും ശരി ശാസ്ത്രത്തിന് അത് യോജിച്ചില്ലെങ്കിൽ അതിനെ തള്ളിക്കളു ശാസ്ത്രജ്ഞർ പറയുന്ന ധർമ്മവും മറ്റു തരത്തിലവൻ ചിന്തിച്ച് മനസ്സിലാക്കുന്ന അധർമ്മവും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കൊല്ലാനാണ് അതുകൊണ്ട് ശാസ്ത്ര പറഞ്ഞാൽ അധർമ്മ തസ്മാത്രം പ്രമാണത്തെ നീ പ്രമാണമാക്കേണ്ടത് ശാസ്ത്രത്തേണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞ ഈ സംഗ്രാമത്തിൻ്റെ മോഹം കൊണ്ട് ഇത് അധർമ്മമാണെന്നുള്ള ഭ്രമം കൊണ്ട് നരി അത് ചെയ്തില്ലെങ്കിൽ ཷེག ཚློཀ ཚྱོ མེ རེ དལཁག རེ མེ རེད ཤེད ཤེ ཕ�ད ཤེད ཕྲོར ན འེ འེར ཤེད གིན ཕྱི འེད ཤེ མེད འ ധർമ്മം ആ കരണം അത് ചെയ്യാതിലം നേരി ശേഷി അതാണ് സ്വധർമ്മം അനുഷ്ഠിച്ചാൽ തന്നെ സ്വർഗത്ത് പോകാം മരിക്കണമെന്നില്ല മരിച്ചാലും സ്വർഗത്വമാണ് അപ്പൊ സ്വധർമ്മത്തെ അനുഷ്ഠിച്ചാൽ ക്ഷത്രിയന്റെ സ്വധർമ്മം എന്ന് വെച്ചാൽ ജാതി ധർമ്മമാണ് ജാതിധർമ്മം യുദ്ധമാണ് നിരതിശയമായ സുഖം കിട്ടും സ്വർഗത്തിലേ കിട്ടും ഇവിടെ കിട്ടത്തില്ല മാത്രല്ല യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ നിരധിശയമായ കീർത്തിയാക്കുക അളവില്ലാത്ത കീർത്തി അളവറ്റ ീർത്തിയും കിട്ടും അതും എല്ലാം ഉപേക്ഷിച്ചിട്ട് ചെയ്യാതിരുന്ന യുദ്ധമാണ് പാപം നിരദിശയം അളവറ്റ പാപത്തെ അവിടെ ഈ പറയുന്ന എന്താണ് പാപത്തെ നീക്കാൻ യുദ്ധം ചെയ്യാതിരിക്കുക എന്ന പാപ എന്തുകൊണ്ട് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന അത് ചെയ്താൽ പൊങ്ങി ചെയ്തില്ലെങ്കിൽ പാപം പാപമുണ്ടെങ്കിൽ നീ നരകത്തിൽ പിന്നെ ഈ ലോകത്തിലാണെങ്കിൽ ദുഷ്കീർത്തി ഉണ്ടാവുക യുദ്ധപൊതികന്മാരെല്ലാം കീർത്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് യുദ്ധഭ്രാന്തി ഉള്ളവരാണ് ഒരു പ്രധാന ഒരു ഇതാണ് യുദ്ധം ചെയ്യുക കീർത്തി നേടുക പഴയകാർക്ക് അങ്ങനെ ആ യുദ്ധം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന നാശങ്ങൾ നഷ്ടങ്ങൾ അതിനെ കുറിച്ചൊന്നും അവർ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ കീർത്തി ഉണ്ടാവും കീർത്തി ആർക്കുണ്ടാവും യുദ്ധം ചെയ്യുന്നവർക്കുണ്ടാവും യുദ്ധം ചെയ്യിപ്പിക്കുന്നവർക്കുണ്ടാവും അതുകൊണ്ട് യുദ്ധം ചെയ്യുക അതാണ് യുദ്ധലോകത്തിലുള്ള പര ലോകത്തിൽ യുദ്ധം ചെയ്ത സ്വർഗവും കിട്ടും എന്നാണ് രണ്ടു ഫലവും കരലോകുഖം കീർത്തിയും രണ്ടുമുണ്ടാവും യുദ്ധം ചെയ്യുക അകീർത്തിന്റെ വിഭൂതാനും കത്തിഷ്യത്തിന്റെ വ്യായം സംഭാവികൃത്തി മരണം കത്തി ഒരേ കാര്യം തന്നെ ആവർത്തിക്കും യുദ്ധം ചെയ്യുക കുഞ്ഞിൽ നേടുക സ്വർഗത്ത് പോവുക ഈ ലോകത്ത് കീർത്തി ഉണ്ടാവുക യുദ്ധത്തിന്റെ നാശത്തെക്കുറിച്ച് അർജുന യുദ്ധത്തെക്കുറിച്ച് യുദ്ധത്തിന്റെ നാശത്തെ ചിന്തിച്ചിട്ട് വിലപിക്കുകയാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ അർജുന എന്ന് നേരത്തെ അറിയാമായിരുന്നു യുദ്ധം ചെയ്താൽ കുഞ്ഞിങ്ങട്ട് പോകുന്നു അതെല്ലാം അർജുന അങ്ങേമായിരുന്നു അറിയാത്തയാളല്ല അർജുനെ പഠിപ്പില്ലാത്തയാളല്ല പലതവണ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പലതവണ അർജുനൻ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്ന ഈ കാര്യങ്ങൾ അർജുനന് മുമ്പ് പലതവണ മറ്റുള്ളവരോട് പറഞ്ഞാണോ യുദ്ധം ചെയ്തുണ്ടാവും കുഞ്ഞി ഉണ്ടാവും പക്ഷെ യുദ്ധത്തിന്റെ വിനാശത്തെക്കുറിച്ച് യുദ്ധം ഇങ്ങനെ മുറുകിയ ഒരു സന്ദർഭം എന്നൊക്കെ അർജുനൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് മനുഷ്യന് നല്ല ബുദ്ധി തോന്നാനും പെട്ട ബുദ്ധി തോന്നാനും നിമിഷം വന്നു ഈ സമയത്ത് അർജുന്റീനോട് നല്ല ബുദ്ധിമുട്ടു അപ്പൊ അർജുനൻ ചിന്തി ചെയ്യുന്നതാണോ യുദ്ധത്തിന്റെ നാശങ്ങളെ കുറിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു അർജുന്റനെ യുദ്ധത്തിലേക്ക് തിരിച്ചു നോക്കുന്നു ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി ആ വാദമുഖം ഇത്രയേ ഉള്ളൂ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ എന്നുകൊണ്ട് ചെയ്യും ശാസ്ത്രത്തിൽ എന്നെ ഗുണം പറയുന്നു അതുകൊണ്ട് ചെയ്യും പിന്നെ യോദ്ധാക്കളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കീർത്തി ഉണ്ടാക്കും അതുകൊണ്ടും ചെയ്യും ഇന്നതേ കേവലം നിരതിശയ സുഖനിവൃത്തി ഹാനിമാണോ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിരതിശയമായ സുഖസ്വർഗസുഖവും കീർത്തിഹാനി കീർത്തിക്ക് ഹാനി വരും യുദ്ധത്തിൽ ഒരുപാട് പേരെ കൊന്നതിന്റെ കീർത്തി അർജുനുണ്ട് ആ കീർത്തിക്ക് ഹാനി വരും എന്തായാലും യുദ്ധം ചെയ്ത യുദ്ധം ചെയ്യുന്ന ആൾക്കൂടങ്ങൾ സഹോദരന്മാരും മുരുക്കന്മാരും പൂജ്യന്മാരായ ആൾക്കൂട്ടം അതാണ് അർജുനൻ പറയുന്നത് പലപ്പോഴും യുദ്ധം ചെയ്തിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി ചെയ്ത യുദ്ധമുണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി ഇവരോട് യുദ്ധം ചെയ്തു ഈ യുദ്ധം അങ്ങനെയല്ല തീരുമാനത്തിലെത്തിച്ചേരും രാജ്യം തിരിച്ചുപിടിക്കാൻ യുദ്ധമുണ്ട് ഇവരെ കൊല്ലാതെ എന്നടക്കത്തില്ല അപ്പോ യുദ്ധം ചെയ്ത് പൂജ്യന്മാരോ കൊല്ലണമോ ഇതാണ് അർജുനന്റെ മാനസിക വേദ പറയം ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും അതോണ്ടാകും എങ്ങനെ പാർട്ടുക ഭാരത്തെ പലായ അർജുനൻ യുദ്ധം തുടങ്ങിയപ്പോ പിന്മാറിപ്പോയി എന്ന് യുദ്ധം തുടങ്ങിയിട്ട് പിന്മാറുന്ന മോശം കാര്യമായിട്ടാണ് കണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ പറയും യുദ്ധം തുടങ്ങിയിട്ട് പിന്മാറി ദോഷം ഒരു ദോഷത്തിന്റെ ഗുണമേ ഉള്ളവർ യുദ്ധം അവസാനി ഇപ്പോൾ റഷ്യ യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കും ഗാസയിൽ യുദ്ധം നടക്കും യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ലോകത്തിൽ ഒരുപാട് മനുഷ്യര് ഈ യുദ്ധത്തിൽ നിന്ന് രണ്ടു കൂട്ടരും പിന്മാറുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടങ്ങനെ ചിന്തിക്കുന്നു കാരണം യുദ്ധമുണ്ടാകുന്ന നാശനഷ്ടം യുദ്ധമുണ്ടാകുന്ന ഹിംസ എല്ലാ തരത്തിലും യുദ്ധം യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല യുദ്ധം ആത്യന്തികമായി നാശത്തെ ഉണ്ടാക്കുന്നു പിന്നെ നമ്മൾ മാറിയിരുന്നു കൊണ്ട് അവൻ തോക്കട്ടെ മറ്റവൻ ജയിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുമ്പോൾ നമുക്കറിയില്ല ഈ യുദ്ധത്തിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ വേവരാതികൾ ദുഃഖം അവരുടെ കഷ്ടപ്പാട് അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളൊരു ഭക്ഷണം പിടിച്ചിട്ട് എന്താ പറയുന്നത് കുറച്ച് പറയുന്നു റഷ്യ ജയിക്കലും മറ്റൊന്ന് പറയുന്നു യുക്രൈൻ ജയിക്കും ആര് ജയിച്ചാലും ആര് തോറ്റാലോ അവിടെ അതിനകത്തുപെട്ടിരിക്കുന്നു ഈ യുദ്ധഭൂമിയിൽപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ യുദ്ധം ചെയ്യാത്ത അവരെ നിരന്തരമായ കഷ്ടപ്പാടായിരിക്കും അപ്പൊ അവരെ കുറിച്ച് ലോകത്തുള്ള നന്മയുള്ള മനുഷ്യർ കുറെയധികം ഇവര് ചെയ്ത് പിന്തിരിയണം പിന്മാറണമെന്ന് ചിന്തിക്കുന്നു ശം വരുത്താം അതുകൊണ്ട് മനുഷ്യനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വളരെ വരുത്താം അതുകൊണ്ട് യുദ്ധത്തെ ഒരിക്കലും നമ്മളെ പാർട്ടി ജയിക്കണം എന്ന് പറഞ്ഞ് ജയിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല യുദ്ധമുണ്ടായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ലതെന്താണ് പ്രശ്നങ്ങൾ യുദ്ധം കൂടാതെ പരിഹരിക്കാമെന്ന് നോക്കാം യുദ്ധത്തിലേർപ്പെടാത്ത ജനങ്ങളെ കഷ്ടപ്പെടുത്താതെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിലേർപ്പെടുന്നവരെ പരസ്പരം കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർക്ക് പ്രശ്നമില്ല അവര് യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു പരസ്പരം കൊല്ലും അത് പരസ്പരം കൊല്ലുക എന്ന് പറയുന്നത് യുദ്ധസ്മൃതി പൂർണ്ണമായും സ്ഥിതിയാണ് കാരണം യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നവര് പഴയതുപോലെയല്ല ത്തിന് നേരത്തു കൊടുക്കുന്നവർ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യണം ഇന്ന് യുദ്ധത്തിന് നേരത്തു കൊടുക്കുന്നവർ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനങ്ങളിലൊണ്ട് അവര് മറ്റുള്ളവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയാണ് യുദ്ധം ചെയ്യുന്നവര് മനസ്സോടെയാണോ ചെയ്യുന്നത് മനസ്സോട് ചെയ്യുന്ന കുറച്ചുപേരും മനസ്സില്ലാതെ ചെയ്യുന്നവരാണ് കൂടുതൽ അവർക്ക് പിന്മാറാൻ നിവൃത്തിയില്ല കാരണം എന്ത് ചെയ്തു അവരുടെ അവർക്ക് കുടുംബമുണ്ട് വീടുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പോൾ അവരെയൊക്കെ കുറിച്ച് എന്തിക്കുമ്പോൾ അവർ മരിക്കാൻ ആഗ്രഹിക്കില്ല പക്ഷെ തൊഴിലായതുകൊണ്ട് എന്തു ചെയ്യും അതവർ ചെയ്തേ പറ്റും അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ യുദ്ധം ചെയ്യുന്നവരുന്നതാണ് കുടുംബത്തെ കുറിച്ചൊക്കെ ആലോചിച്ച് വൃത്തിച്ച് ചെയ്യുന്നവരാണ് ചിലരങ്ങനെയല്ല വളരെ ഒരു ന്യൂനപക്ഷം ആവേശത്തോടെ യുദ്ധം ചെയ്യുന്നവരുന്ന ഭൂരിപക്ഷം അങ്ങനെയാണ് അപ്പോ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും യുദ്ധത്തിൽ ഏർപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനും അവിടെയുള്ള കഷ്ടപ്പെടുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്താനും വേണ്ടി യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ഇന്നു പക്ഷെ ഈ സുരക്ഷിതമായ സ്ഥാനങ്ങളുണ്ടെന്ന് യുദ്ധം ചെയ്യിപ്പിക്കുന്നവരും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കീർത്തിയാണോ പ്രശ്നം യുദ്ധത്തിൽ ജയിക്കുക കീർത്തിക്ക് വേണ്ടിയാണ് അത് തന്നെ പറയും പിന്മാറിയാൽ അവരെ കീർത്തിക്ക് ദോഷം എന്നാണ് പ്രധാനം അതാണ് പിന്നെ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അതിനോടൊപ്പം ഉണ്ടാകും മുഖ്യമായതാണ് പണ്ടേ അങ്ങനെ തന്നെയാണ് ന്യായം എന്നൊന്നു അത് മഹാഭാരത യുദ്ധത്തിലായാലും ഇന്നത്തെ യുദ്ധത്തിലായാലും ഹിംസയുടെ അന്യായത്തിന് മാറ്റവും കൊല്ലുന്നവന്റെ അതുകൊണ്ടാണ് അവരെ മൊത്തം ചേർത്ത് പറയേണ്ടവരെന്താണ് ബാർബേറിയൻസ് എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഹിംസയുടെ ന്യായം അത പരസ്പരം കൊല്ലുന്നവർക്ക് ഒരേ ന്യായമേ എന്നും പറയാനും അതുകൊണ്ട് പറയുന്നു പിന്മാറരുത് യുദ്ധം ചെയ്യണം പറയൂ സ്വാമി എന്താ പറയുന്നു ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയൂ എന്നിട്ട് ചോദിക്കും ഭഗവാൻ പുസ്തകം എഴുതാറില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പുസ്തകം എഴുതുന്ന കാലം ആരാണ് പുസ്തകങ്ങൾ മനുഷ്യരാണ് ഇതൊക്കെ മനുഷ്യരെഴുതി വെക്കുന്നതാണ് ഭഗവാന്റെ പേരിൽ ഭഗവാന്റെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിനെ ഒരുപാട് പേര് സ്വീകരിക്കും ഒരുപാട് പേരെന്ന് വെച്ചാൽ ചിന്താശേഷി ഇല്ലാത്ത മനുഷ്യരെ സ്വീകരിക്കും അതാണ് ആവശ്യം അല്ല ഭഗവാൻ കുറെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അവരെ എല്ലാം സ്വന്തം മക്കളാണ് സൃഷ്ടിച്ചപ്പോൾ എല്ലാ മക്കളാണല്ലോ എന്നിട്ട് ഇവരെ രണ്ട് ഭാഗത്ത് നിർത്തി തമ്മിൽ എളുപ്പിച്ച് കൊല്ലിക്കും അതെന്ത് ഭഗവാനാണ് അങ്ങനെ ഒരു ഭഗവാനെനിക്ക് കൊള്ളാൻ പറ്റില്ല അതങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നു അങ്ങനെ അല്ല ഭഗവാൻ ഭഗവാൻ നമ്മുടെ സങ്കല്പം അങ്ങനെയാണ് ഭഗവാനെന്ന് എന്താണ് പരിശുദ്ധമാണ് അപ്പോ പരിശുദ്ധമായ ഭഗവാന്റെ ഉള്ളിൽ കണ്ട സൃഷ്ടികളെ തമ്മിലടുപ്പിച്ച് കൊല്ലിക്കുക എന്ന് പറയുന്ന ഒരാശയം ഒരിക്കലും വരിക ഇതൊക്കെ മനുഷ്യൻ എഴുതി വയ്ക്കുന്നതാണ് ഓരോരോ കാലത്തിൻ്റെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരെഴുതി വയ്ക്കുന്നതാണ് കൊല്ലാനുള്ള ന്യായവാദം ചോദിക്കും പിന്നെ ഇതിനകത്ത് ഭഗവാൻ പറഞ്ഞ എന്താണ് സംസ്കൃത മനസ്സുകൾ സംസാരോളം മനസ്സുകൾക്ക് സ്വീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാൻ പറഞ്ഞത് നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതും നിങ്ങളുടെ നല്ല ഹൃദയത്തിന് യോജിക്കാത്തതുമെല്ലാം എന്താണ് സ്വാർത്ഥന്മാരൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ വേർതിരിച്ച് മനസ്സിലാണ് എന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏതെങ്കിലും നല്ലതെന്ന് മാത്രം സ്ഥിതി അപ്പാടെ സ്വീകരിക്കേണ്ട കാര്യം കാരണം മോശമെന്ന് നമ്മുടെ ബുദ്ധിക്ക് തോന്നുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയില്ല അതൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയാണ് കാരണം തിന്മകൾ ഈശ്വരന്റെ ഹൃദയത്തിന് ഒരു അത് മനുഷ്യന്റെ ഹൃദയത്തിന് അവർ ഈശ്വരന്റെ പേരിൽ അവരവിടെ അത്രയുള്ളു പിന്നെ നല്ലതും ഭഗവാൻ പറയൂ എന്ന് ചോദിച്ചു നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്നതിനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും എല്ലാമുള്ള പ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വിശ്വസിക്കാം അത് നമ്മുടെ ഈശ്വരൻ പ്രേരിപ്പിക്കുന്നു എന്നും വിശ്വസിക്കാം എന്തുകൊണ്ട് ഭഗവാൻ പറയുന്നു ഈശ്വര സർവഭൂതാനാം ഉദ്ദേശിച്ചു ഹൃദയത്തിൽ ഈശ്വരൻ സർവ്വപ്രാണികളെ കൊണ്ടുവരും അപ്പോൾ പ്രാണികളുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഈശ്വരൻ എന്താ ചെയ്യുന്നത് ഈശ്വരന്റെ സൃഷ്ടിയല്ലേ അവരെ നന്മയുടെ വഴിയിലൂടെ തന്നെ നടന്നിരുന്നു അപ്പം തിന്മയെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയുള്ള മനുഷ്യന്റെ ബുക്തിയാണ് അതിന് ഈശ്വരന്റെ പേരിൽ ആരോപിച്ചിട്ട് ഈ തിന്മകളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ മനുഷ്യമുലം ഒരിക്കലും നന്മയുടെ ഭാഗത്തിൽ ആ വഴിയിലേക്ക് തിരിയത്തില്ല അവനൊരിക്കലും അങ്ങനെ തിരിയാൻ പറ്റത്തില്ല ഈശ്വരനല്ല അതാണ് ചറവാകൻ കണ്ട് ചോദിച്ചത് പശുവിന്റെ നിഹതസ്വർഗം ജ്യോതിഷ്ടോമേ ഗമിഷ്യ സ്വപിത യജമാനേന് തത്ര കസ്മാൻ നഗിംസ്യതേ അത് സർവദർശനങ്ങളും ഭാരതീയമായസ്തിക ദർശനങ്ങൾ പഠിക്കാൻ വേണ്ടി വിദ്യാരണ്യസ്വാമി എഴുതിയ ഒരു പുസ്തകമാണ് സർവദർശന സംഗ്ര പഠിച്ചിരിക്കേണ്ട ഒരു പ്രശ്നമാണ് സംസ്കൃതം അറിയാവുന്നവർക്ക് കുറച്ച് അടിസ്ഥാനമുണ്ടെങ്കിൽ അല്പം കട്ടിയാണെന്നാണ് സ്വയം വായിച്ച് പഠിക്കുക നല്ല വ്യക്തി അപ്പോ അതില് ആദ്യത്തെ ദർശനം ചാർവാക ദർശനമാണ് അവസാനത്തെ ദർശനം അദ്വൈത ദർശനം കാരണം അദ്വൈതത്തെ സമർത്ഥിക്കുന്നതാണ് ഇഷ്ടാദ്വൈതത്തെയും ദ്വൈതത്തെയും എല്ലാം കണ്ണിച്ചിട്ടവസാനം അദ്വൈതത്തെ സമർത്ഥിക്കുന്നതാണ് അപ്പോ അവിടെ ചാർവാക ദർശനത്തെ ആദ്യം കൊണ്ടുവന്നത് അതിനോടുള്ള ബഹുമാനം കൊണ്ടല്ല അതിന് നിഷേധിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ പഴയ ആചാര്യന്മാരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കി അവരുടെ നന്മ എന്ന് പറയുന്നത് എന്താണ് നിഷേധിക്കാൻ വേണ്ടിയാണെങ്കിൽ ശരി ചാറുവാകന്റെ ദർശനത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നു ഇന്ന് നമുക്ക് ഈ ചർവാക ദർശനം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിനുള്ള ശരിയായ ഒരേ ഒരു സോഴ്സ് ഈ സർവദർശന സങ്കൃത്തിന്റെ ചർവാക ദർശനം എന്നുവെച്ചാൽ ചർവാകനെ കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട് പുരാണങ്ങളുടെ അവിടെ ഇവിടെയൊക്കെ പക്ഷെ ചർവാകനെ നേരിട്ട് കോട്ടി സർവ്വദർശന സങ്കരത്തിന് അത്രയും കോട്ടി വേറെ ഒരിടത്തും ഉണ്ടാക്കും അതിന് ചർവാകന്റെ നന്മയെ കുറിച്ചും ചർവാകന്റെ തന്മയെ കുറിച്ചും പറയുന്നു രണ്ടും പറയുന്നു അതിന്റെ ചാർവാകന്റെ നന്മ ആണിപ്പോ ഞാൻ പറഞ്ഞത് തിന്മകൾ വേറെയുണ്ട് നന്മ ഇതാണെന്താണോ പശുവിനു ചെയ്യുന്നത് പശുവിനെ കൊന്നുകഴിഞ്ഞാൽ സ്വർഗം ഇവിടെ ജ്യോതിഷവും ചെയ്യും ജ്യോതിഷവും പശുവിനെ കൊന്നുകഴിഞ്ഞാൽ ആ പശു പശു ഒന്നിച്ച മൃഗങ്ങളാണ് നമ്മുടെ മലയാളത്തിലെ പശു പശു ഒന്നിച്ച സംസ്കൃതത്തില് സംസ്കൃതത്തിൽ മൃഗമെന്നുള്ള അർത്ഥമാണ് അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്വർഗം ഗമേശ്ശേരി സ്വർഗത്തിൽ പോവുമെങ്കിൽ സ്വപിത പറയുന്നു യജമാനൻ തന്റെ പിതാവിന് സ്വപിത യജമാന തസ്മാത്ര തസ്മായും എന്തുകൊണ്ട് കൊല്ലുന്നില്ല വയസ്സായി വീട്ടിൽ കട്ടിൽ കിടക്കുന്ന സ്വന്തം തന്തെ അവിടെ കൊണ്ടുവന്ന് ബലി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വർഗത്ത് പോകാറുണ്ട് വലിയ ഒരുപാട് ചെയ്യുന്നു എന്തിനേ പാവപ്പെട്ട മൃഗങ്ങളെ കൊല്ലുന്നു എന്ന് ചോദിച്ചാൽ ചർവാകോട് എനിക്ക് നൂറ് ശതമാനം യോജിക്കും നമ്മൾ തന്നെ ചർവാകനാക്കിപ്പൊ ഒരു വിരോധമുണ്ട് എനിക്ക് ഇങ്ങടെ യാതൊരു സർട്ടിഫിക്കറ്റും വേണ്ടി ഇവിടെ വന്നത് സ്വന്തം പിതാവിനെ എന്തുകൊണ്ട് കൊല്ലുന്നില്ല എന്നിട്ട് എന്തുകൊണ്ട് സ്വർഗത്തിലായിരിക്കും കേട്ട എന്തിനീ സാധു പുറങ്ങണം അപ്പൊ പിന്നെ സാധാരണ യുക്തികളനുസരിച്ച് വൈദിക വിദ്യ അനുസരിച്ച് രാമാനുജാചാര്യർ പറയും എന്താണ് സർഗാപവാദ ന്യായമൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കും ഹിംസിക്കാം എന്നാൽ ഹിംസയെ നിഷേധിക്കുന്ന ഭാഗങ്ങൾ എല്ലാം വരുന്നുണ്ട് സർവദർശനം എന്ന് പറയുമ്പോൾ ഓരോ ദർശനത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ പറയുക അല്ലെങ്കിൽ ഒരു പക്ഷം പറയുക ബൗദ്ധദർശനവും ചർച്ച ചെയ്യും മറ്റുള്ളവരുടെയൊക്കെ ചർച്ചകൾ പറയുന്നു നിങ്ങൾ ആർക്കും ചാപ്പ അടിക്കരുത് അവന് ഇന്നതാണ് മനസിലായ സീലെയ്യരുത് താർക്കും ഇതൊക്കെ പറയുന്നവൻ ഇന്നതായത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം സീലടിക്കേണ്ടത് വിദ്യാർത്ഥികൾ ശ്രമിക്കണം എന്താണ് അയാളൊരു ചാർവാകനാണ് സീലടിക്കും ആരും അങ്ങനെ സീലടിക്കേണ്ട ഗുണവും ദോഷവും രണ്ടും പറയുന്നു പക്ഷേ വിദ്യാരണ്യസ്വാമി അത് എഴുതി വെച്ചെന്ന് വിചാരിച്ചു ദോഷമൊന്നും ഉണ്ടായില്ല കാരണം വിദ്യാരണ്യസ്വാമി എഴുതിയത് സംസ്കൃത ഭാഷയിലായതുകൊണ്ടും അത് കുറച്ച് പ്രൗഢമായതുകൊണ്ടുള്ളൂ അത് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും കുറച്ച് സാമാന്യ വിവരമുള്ളവരായതുകൊണ്ടും അവരാരും വിദ്യാരണ്യസ്വാമിയെ ചാർവാകൽ നിന്ന് സീലടിച്ചില്ല പക്ഷെ ഇതൊന്നും തീരബോധമില്ലാത്ത മനുഷ്യനും പോയി പറയുകയാണെങ്കിൽ അവർ എന്തു സീലടിക്കുന്നു ഇയാളൊരു ചർവാകനാണ് ഇയാളൊരു നിരീശ്വരവാദിയാണ് നാസ്തികനാണ് ഇയാളെന്താണ് മാവോവാദിയാണ് ഇങ്ങനെയൊക്കെ സ്ഥിരടിച്ചിട്ടുണ്ട് അത് പറയുന്നവന്റെ ദോഷം എന്താണ് കുറെയെങ്കിലും ബോധമുള്ളവരുടെ നമ്മൾ പോയി പറയും പറയാത്തതിന്റെ പ്രശ്നം പിന്നെ മറ്റു പല കാരണങ്ങളും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ എന്താണ് നല്ലത് ആര് പറഞ്ഞാലും ഇവിടെ പറഞ്ഞാലും സ്വീകരിക്കും മോശമണങ്ങിയാലും തള്ളിക്കളയുണ്ട് അതാണ് ഈ പറഞ്ഞതിന്റെ ചുരം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കീർത്തിയെ കുറിച്ചാണ് അതിനെ കുറിച്ച് കുറെ കൂടെ പറയാൻ ഇവിടെ ഉണ്ട് അത് പറയാം